ശരി ഗാന ഗർഹർമാണി തരം ഫലം ഉപസംഹൃതം ലക്ഷണം സംസാര വിഷയമേവ്രഹരെയധനം സാധലീന അന്ത്യാശ്രമീഷ് ഉപഭൂത്തേ ഗാർഹസ്ഥി സംഭവ നമ്മുടെ ഗാർഹസ്ഥ്യം പോരാ പരിഭ്രജനം കൂടിയേ തീരൂ ഭാഷകാരം പറയുന്നത് ബ്രഹ്മചര്യാദി സാധനങ്ങൾ വിദ്യാസാധനങ്ങൾ അന്ത്യാശ്രമത്തിൽ സന്യാസത്തിൽ മാത്രമേ സാധ്യമാകൂ നല്ല അസമ്പന്ന സാധനം അപൂർണമായ സാധനങ്ങൾ കസ്യജിത്ത് അർത്ഥ്യ സാധനമായാലും ഒരു കാര്യത്തിനും ഉപകരിക്കുന്നതല്ല ഒരു ഫലത്തെയും ഉണ്ടാക്കുന്നതല്ല യത് വിജ്ഞാനം ഉപയോഗീനിച്ച ഗർഹസ്ഥാശ്രമ കർമ്മമാണ് പക്ഷെ ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങളുണ്ടല്ലോ അതിനോട് ചേർന്ന ഉപാസനകൾ ദക്ഷം പരം ഫലം ഉപസംഹൃതം ഏതൊരു വിജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണോ ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങൾ എന്നുള്ളത് അവിടെയും കൊണ്ട് ആത്മവിജ്ഞാനം അതുപോലെ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരു ആത്മാവുണ്ട് ആത്മാവ് കർത്താവും ഭോക്താവുമാണ് അത് സ്വർഗ്ഗനിരവുകളിലെല്ലാം സഞ്ചരിക്കുന്നതാണ് ഇങ്ങനെയുള്ള വിജ്ഞാനം ഇതിനെ ആശ്രയിച്ചിട്ടുള്ള ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങൾ തീർപ്പരം ഫലം അതിന്റെ ഫലം അങ്ങേ ഫലം എന്താണ് ഉപസംഹൃതം മുമ്പ് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞു ദേവത അപ്യലക്ഷണം അത് ദേവതാപ്രാപ്തിയാണ് പുരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലമാണ് എന്നുള്ളത് അതെന്താണ് സംസാര വിഷയമേവ അത് സംസാരവിഷയമാണ് സംസാരമുക്തിയല്ല അതുകൊണ്ട് ഗൃഹസ്ഥന് ഗൃഹസ്ഥന്റെ ആത്മവിശ്വസാനം ഗൃഹസ്ഥന്റെ കർമ്മങ്ങൾ അതെല്ലാം സംസാരത്തിന് സംസാരത്തിൽ മുക്തിക്ക് ഉപകരിക്കുന്നുണ്ട് കാരണം അതിന്റെ ഫലം ദേവതാപ്രാപ്തിയാണ് അത് വൈദികമായ കർമ്മങ്ങൾ വൈദികമായ ആത്മജ്ഞാനം വൈദികമായ കർമ്മഫലമായി വരുന്ന ദേവതാപ്രാപ്തി അതെന്താണ് ഇവിടെ പറയുന്നത് കർമ്മനയേവ പരമാത്മജ്ഞാനം അഭവിഷ്യത് സംസാര വിഷയം സംഹാരോസ പറയുന്ന ഗൃഹസ്ഥൻ കർമ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൃഹസ്ഥനാണ് ആ ഗ്രഹസ്ഥനിൽ പരമാത്മവിജ്ഞാനം ഭവിഷ്യത് ആ പരമാത്മവിജ്ഞാനം പ്രാപ്തമായിരുന്നുവെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ സംസാര വിഷയസിയോ ഫലസ്യുഗസംഹാരുന്ന ഉപാപസ അങ്ങനെയായിരുന്നെങ്കിൽ സംസാരഫലത്തെ ആ സംസാരഫലമാണോ എന്ന് പറഞ്ഞ് മുൻപ് പറഞ്ഞ വിഷയങ്ങളും ഉപാസനയും മറ്റും അവസാനിപ്പിക്കുമായിരുന്നില്ല വ്യതിരേകമായി പറയുകയുണ്ട് അതായത് പരമാത്മവിജ്ഞാനം അല്ല കർമ്മയിലെ കർമ്മിക്ക് പ്രാപ്തമാകുന്നത് കർമ്മിക്ക് ആത്മവിജ്ഞാനമാണ് പക്ഷെ അത് പരമാത്മവിജ്ഞാനം അല്ല അതുകൊണ്ട് ഇതിനു മുമ്പ് വന്ന ഭാഗങ്ങളിൽ കർമ്മത്തെക്കുറിച്ച് ഉപാസനകളെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഫലത്തെ എങ്ങനെ ഉപസംഹരിച്ചു സംസാര വിഷയമായിട്ട് ദേവതാപ്രാപ്തി വരെയുള്ള ഫലമേ പറഞ്ഞിട്ടുള്ളൂ മുക്തി പറയുന്നില്ല അംഗഫലം തദ്ദേശ തദ്വിരോധി ആത്മവസ്തു വിഷയത്വത്മവിദ്യ സാധാരണ കർമ്മത്തിൽ സംബന്ധിച്ച് മുഖ്യമായ കർമ്മത്തിന്റെ ഫലം ആ കർമ്മത്തിന്റെ അംഗങ്ങളുടെ ഫലം അങ്ങനെയുണ്ട് അതുപോലെ ഇവിടെയും ആ ദേവതാപ്രാപ്തി എന്ന് പറയുന്നത് അംഗഫലമാണ് പരമാത്മവിജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലോ പറയുന്നു ഇവിടെ അംഗം മുഖ്യം അങ്ങനെയൊന്നുമില്ല ആത്മവിജ്ഞാനത്തെ സംബന്ധിച്ചു അതൊക്കെ കർമ്മവിജ്ഞാനത്തെ സംബന്ധിച്ചാണ് അവിടെ മുഖ്യകർമ്മം അംഗകർമ്മ മുഖ്യകർമ്മത്തിന്റെ ഫലം അംഗത്തിന്റെ ഫലം അതെല്ലാം മീമാംസകളുടെ മനസ്സിൽ ഇതെല്ലാമാണ് ഇരിക്കുന്നത് അത് നിഷേധിക്കുന്നു വിരോധി ആത്മവസ്തു വിഷയത്വം അത് ആത്മവിദ്യ അംഗഫലം മുഖ്യഫലം ഇതിനെല്ലാം നിഷേധിക്കുന്ന പരമാത്മവസ്തുമാണ് ആത്മവിദ്യ വെളിപ്പെടുത്തുന്നത് നിരാകൃത സർവനാമരൂപ കർമ്മ പരമാർത്ഥ ആത്മവസ്തുവിഷയം ജ്ഞാനം അമൃതത്വ സാധനം അമൃതത്വത്തിന് മുക്തിക്ക് സാധനമായിരിക്കുന്ന എന്താണ് ദേവതാ വിജ്ഞാനമെല്ലാം ദേവതാപ്രാപ്തി എല്ലാം മറിച്ച് നിരാകൃത സർവനാമരൂപകർമ്മ സർവനാമരൂപകർമ്മങ്ങളെല്ലാം നിഷേധിക്കുന്ന പരമാർത്ഥവസ്തുവിഷയം പരമാർത്ഥവസ്തുവിന് വിഷയമാകുന്ന ആ ജ്ഞാനമാണ് അതാണ് അമൃതത്വത്തിന് സാധനമായിരിക്കുന്നത് ഗുണഫലസംബന്ധേഹി നിരാകൃത സർവവിശേഷാത്മവസ്തുവിഷയത്വം വിജ്ഞാനത്തിന് അപ്രാപ്നോതി തെച്ച അനിഷ്ടം പിന്നെ ഗൗണ ഫലമുണ്ട് അതിന് മുഖ്യഫലമുണ്ട് എന്നെല്ലാം കൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം മീമാംസകരുടെ ചിന്താഗതിക്കനുസരിച്ച് പറയുന്നു മീമാംസകർക്ക് അങ്ങനെയെല്ലാമേ ചിന്തിക്കാൻ കഴിയും കാരണം അവർക്ക് മുഖ്യകർമ്മങ്ങളുണ്ട് അംഗമുണ്ട് ഓരോന്നിനും പ്രത്യേക ഫലങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർന്ന് മുഖ്യഫലമുണ്ട് അപ്പോൾ അവിടെ ഗുണഫലങ്ങളുടെ ബന്ധം മുഖ്യഫലത്തിന്റെ ബന്ധം ഇതെല്ലാം പൂർവ്വമീമാംസകളുടെ ചിന്തയ്ക്കനുസരിച്ച് മറുപടി പറയുന്നു അങ്ങനെയെല്ലാം കല്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഇനി ശ്രുതി വെളിപ്പെടുത്തുന്നത് അത് സാധിക്കാതെ പോകും ഇതാണ് നിരാകൃത സർവവിശേഷാത്മവസ്തുവിഷയത്വം വിജ്ഞാനസ് എന്ന പ്രാപ്ത നിരാകൃത സർവവിശേഷാത്മ വസ്തു വിശേഷാത്മ എന്നവരെന്താ പറയുന്നത് കർത്താവും ഭോക്താവുമായിട്ടുള്ള ആത്മാവ് സർവ്വനരകളെല്ലാം അനുഭവിക്കുന്ന ആത്മാവ് അതിലൂടെ നിഷേധിച്ചിരിക്കുന്നു നിരാകൃതം സർവ്വവിശേഷാത്മാവ് സൂക്ഷിക്കും അങ്ങനെയുള്ള വിജ്ഞാനം അതാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ന പ്രാപ്നോതി അത് സാധ്യമാകാതെ പോകും തച്ച അത് അനിഷ്ടമാണ് എന്താണ് അനിഷ്ടം വീണ്ടും സംസാരപ്രാപ്തിയാണ് എത്രത്തോ അസ്യ സർവമാത്മീയം ഭൂത് ഇത്യതികൃത്യ ക്രിയാ കാരകഫലാതിസർവ്യവഹാര നിരാകരണ വിദുഷ് വിദ്വാനെ സംബന്ധിച്ച് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതി എന്താണ് പറയുന്നത് അസ് സർവം ആത്മീയ ഭൂത്ത് പശി ഫിനകം വിജാനീയ ഇങ്ങനെ ശ്രുതി പറയുന്നു ഏതൊരവസ്ഥയിലാണോ തത്വജ്ഞാനപ്രാപ്തിയിൽ സർവം ആത്മീയം അഭൂത് അവനെ സംബന്ധിച്ച് സർവം ആത്മാവ് തന്നെ ആത്മഭിന്നമായി മറ്റൊന്നുമില്ല സർവംഖലിതം ബ്രഹ്മ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇത്യാധികൃത്യ ക്രിയാ കാരക ഫലാദി സർവ്വ വ്യവഹാര നിരാകരണമാണ് ക്രിയ കാരകം ഫലം തുടങ്ങിയ സർവ്വ വ്യവഹാരങ്ങളെയും അവിടെ നിഷേധിക്കുന്നു തത്വജ്ഞാനിക്ക് ആജ്ഞന്യതുപോലെയുള്ള ഇത്തരം വ്യവഹാരങ്ങളൊന്നുമില്ല യാഗ നിവർത്തിക്കുള്ള കാരകങ്ങൾ യാഗഫലമായ സ്വർഗം ഇത്യാദി സർവ വ്യവഹാരങ്ങളെ അത്തരം സങ്കല്പങ്ങൾ പോലുമില്ല പ്രവൃത്തിയില്ല അതിനെ സംബന്ധിച്ചുള്ള വാക്കമില്ല സർവത്തെയും നിരാകരിച്ചിരിക്കുന്നു വിദ്വാൻ വീണ്ടും വിദ്വാനെ സംബന്ധിച്ച് പരിപ്രജനമല്ലാതെ മറ്റൊന്നും സാധ്യമല്ല തദ്വിപരീത അവിദുഷു എത്ര ദ്വൈതമതി ഇതര ഇതരം പശിനെ തിക്വാക്രിയാക ഫല രൂപശിവ സംസാരസർശിത വാചസിനേയും ബ്രാഹ്മണേ അതുകൊണ്ട് അതിന് വിപരീതമായി ഒരു സ്ഥലത്ത് പറഞ്ഞാൽ എന്താണോ സർവം ആത്മീയബാബു എല്ലാം ആത്മാവായി തന്നെ തോന്നുന്നു നേരെ വിപരീതമായി പറഞ്ഞു അവിദ ഹവിദ്വാന് എത്രീ ദ്വൈതം ഇവ എപ്പോഴാണോ പോലെ അനുഭവപ്പെടുന്നത് ദ്വൈതം ഇവ എന്ന് പറഞ്ഞത് ദ്വൈതം സത്യമല്ല ദ്വൈതം പരമാർത്ഥമല്ലെങ്കിലും അവിദ്വാന് ുഭവപ്പെടുന്നു എന്താണ് അദ്വൈതം അത് അനുഭവപ്പെടുന്നു ബ്രാഹ്മണെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് തഥാ ഇഹാബി ദേവതാപ്യ സംസാര വിഷയം യത് ഫലം അശനായാതിമത് വസ്തുമകം തദ്ദേഹ കേവല സർവാത്മക വസ്തുവിഷയം ഞാനും അമൃതത്വമായ പക്ഷേ ആമിതി പ്രവൃത്തതേ ശ്രുതി ഇവിടെ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നിപ്പോൾ പറഞ്ഞ സംസാരപ്രാപ്തി ദേവതാപ്രാപ്തിരൂപത്തിലുള്ള ദേവതാപ്രിയ സംസാര വിഷയം അവിടെ എന്താണ് അശന പി എല്ലാം ഉള്ള സ്വരൂപത്തിൽ ഇതിൽ നിന്നുള്ള മോചനം കിട്ടാത്ത ദേവതാപ്രാപ്തിരൂപത്തിലുള്ള ഫലത്തെ ഉപസംഹൃത്തി അതുകൂടെ പറഞ്ഞു കഴിഞ്ഞു വേദത്തെ സംബന്ധിച്ചവരെയാണ് ഇതിന് മുമ്പ് വരുന്ന ഭാഗങ്ങളിൽ അത് ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി കേവല സർവാത്മക വസ്തു വിഷയം സർവാത്മക വസ്തു സർവം ആത്മീയ ജ്ഞാനം ആ ജ്ഞാനം അമൃതത്വമായ പക്ഷാമി ആ ജ്ഞാനത്തെയാണ് മോക്ഷത്തിന് വേണ്ടി പറയുന്നത് ഇതി പ്രവൃത്തത അങ്ങനെ വിടാൻ ആരംഭിക്കുകയാണ് ഉപനിഷത് ആത്മവിദ്യയെ ബോധിപ്പിക്കുന്നതിന് ആരംഭിക്കുകയാണ് ണപ്രതിബന്ധ അഭിധുഷേവ മനുഷ്യ പിതൃദേവലോക പ്രാപ്തി അഭിദുഷ മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ് അവിടെ പറഞ്ഞെന്താണ് ജായം വൈ ബ്രാഹ്മണ ത്രിഭർവാൻ ജായത്തെ ബ്രാഹ്മണൻ ജനിക്കുന്നു ബ്രാഹ്മണൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയാദികളല്ല മീമാംസയുടെ പക്ഷമാണ് വേദത്തിന് അധികാരിയായിട്ടുള്ളവർ വേദ വൈദിക കർമ്മങ്ങൾക്ക് അധികാരിയായിട്ടുള്ളവർ ജനിക്കുമ്പോൾ തന്നെ ഇരണമാണ് ഇരണത്തോടുകൂടി കടത്തോടുകൂടി ആണ് ജനിക്കുന്നത് എന്താണ് അവിടെ പിന്നീട് പറയുന്ന എന്താണ് ബ്രഹ്മചര്യണ്ണ ഋഷിഭ്യു ഋഷിന്മാരോടുള്ള ഇരണം ഒന്ന് അത് ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്യുമ്പോൾ അത് അത് കഴിയും യജ്ഞേന ദേവേഭ്യ ദേവന്മാർക്കുള്ള ഒരു എണ്ണമുണ്ട് അത് യജ്ഞത്തിലൂടെ പ്രജയാപ്തൃഭ്യ പിതൃക്കളോടുള്ള ഒരു എണ്ണമുണ്ട് അത് പ്രജകളിലൂടെ എന്ന് പറയും ഇരുണാനി ത്രീണി അപാകൃത്യ മനോ മോക്ഷേ നിവേശി അതുകൊണ്ടൊരാൾ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ത്രീണി അപാകൃത്യം മൂന്നെണ്ണങ്ങളെയും പരിഹരിച്ചിട്ട് ഋഷി ഇണം ദേവയിരണം പിതൃ ഇരണം ഈ മൂന്നെണ്ണങ്ങളെയും അപാകൃത്യ പരിഹരിച്ചിട്ട് അതങ്ങനെ പരിഹരിക്കണം അത് പറഞ്ഞു ബ്രഹ്മചര്യത്തിലൂടെ ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന വേദാർത്ഥ്യം അതിലൂടെ ക്ഷീരണം പരിഹരിക്കണം ദേവയിർണ്ണവും പിതൃ അത് വൈദ്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സന്താനങ്ങളെ ഉത്പാദിപ്പിച്ച് ആ പരിഹരിക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം സന്യാസത്തിന് എന്ന് പറഞ്ഞിരിക്കുന്നു അനപാകൃത്യ മോക്ഷം തൂ സേവമാനോത്യാഥ പരിഹരിക്കാതെ മോക്ഷം സേവമാണ് മോക്ഷത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ അധപരിചിതി ഫലം ഒന്ന് പറഞ്ഞിരിക്കുന്നല്ലോ സ്മൃതി മനുസ്മൃതി മറ്റുമുണ്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഇണം ഉണ്ടായിരിക്കും ആ ഇണത്തെ പരിഹരിക്കണം വേദം ഉപനയനം ചെയ്യണം വേദാധ്യയനം ചെയ്യണം ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കണം അവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം സന്താനങ്ങളെ ജനിപ്പിക്കണം അത് കഴിഞ്ഞ് വേണമെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കാം സന്യാസമാകാം എന്ന് പറഞ്ഞിരിക്കുന്നു ഋണപ്രതിബന്ധസ്റ്റ പറയുന്നു ഈ പറഞ്ഞിരിക്കുന്നത് അഭിദുഷ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ശാസ്ത്രം സർവത്ര പ്രമാണമാണ് പക്ഷേ അത് അധികാര ഭേദമനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന അജ്ഞനെ സംബന്ധിച്ചാണ് അവിദുഷയവ മനുഷ്യ പിതൃദേവലോക പ്രാപ്തിയും പ്രതിഷ് ഒരാജ്ഞനായ ഒരു മനുഷ്യന് അവന് എന്താണ് മനുഷ്യലോകത്തെ പ്രാപിക്കണം പിതൃലോകത്തെ പ്രാപിക്കണം ദേവലോകത്തെ പ്രാപിക്കണം അതജ്ഞന്റെ കൃഷ്ണയാണ് ഇതെല്ലാം വേണോന്നുള്ളത് അതിന് ഈ ഋണം പ്രതിബന്ധമാണ് ഈ ഋണങ്ങളുണ്ടായിരുന്നാലും അത് സാധിക്കത്തില്ല അപ്പൊ ജീവൻ ഇതെല്ലാം പ്രതിബന്ധമായി എണീക്കും ഇപ്പം മനുഷ്യ പിതൃദേവലോക പ്രാപ്തിക്ക് പ്രതിബന്ധമായിരിക്കുന്ന എണ്ണങ്ങളെ പരിഹരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മറിച്ച് നബിദുഷ വിദ്വാന് ആത്മജ്ഞാനിലൂടെ മോക്ഷം നേടുന്നതിന് എണ്ണങ്ങളൊന്നും പ്രതിബന്ധമല്ല അവൻ എണ്ണ പ്രതിബന്ധത്തിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യം അതുകൊണ്ട് മോക്ഷവും വിദ്വാൻ രണ്ടു കൂട്ടർക്കും പ്രവചനത്തിന് ഇത് തടസ്സമല്ല സന്യാസത്തിന് തടസ്സമല്ല എന്നാണ് മനുഷ്യലോക പുത്രേണൈവ രണ്ടു തരത്തിൽ പറയുന്നുണ്ട് ചിലയിടത്ത് പറഞ്ഞ സന്തതിയുടെ ഫലം പൃഥ്ർലോകമാണ് അതേപോലെ സന്തതിയുടെ ഫലം എന്താണ് മനുഷ്യലോകം എന്നും പറയുന്നു പുത്രേണൈവ കാരണം പുത്രൻ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിയുമ്പോഴാണ് അത് തിരിച്ച് ഇത്തര ലോകത്തിൽ നിന്നും മടങ്ങി മനുഷ്യലോകത്തിലേക്ക് വരുന്നു ആ രീതിയിൽ മനുഷ്യലോകമെന്ന് പറയുന്നു ഇത്യാദി ലോകത്രയ സാധന നിയമശ്രുതേഹേ ശ്രുതിയും പറയുന്നുണ്ട് അക്കാര്യം സ്മൃതി മാത്രമല്ല ശ്രമതിയിലും പറയുന്നുണ്ട് അങ്ങനെ സന്യാസം പരിവ്രജനം സ്വീകരിക്കണമെങ്കിൽ ഈ ലോകത്രയ സാധനം അതനുഷ്ഠിക്കണം വേദാധ്യയനം കർമ്മം സന്തതി ഗൃഹസ്ഥ ധർമ്മം സ്വീകരിക്കണമെന്ന് ചുരുക്കം അത് കഴിഞ്ഞ് സന്യാസം പാടുമ്പ ഋണപ്രതിബന്ധ അഭാവോ ദരിച്ചതഹ ആത്മലോകാർഹനഹ പറയുന്നു അതേ ശ്രുതി തന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് സ്വയം മനുഷ്യലോക പുത്രേനൈവ ഈ മനുഷ്യലോകം പുത്രനൂടെയാണ് നേടേണ്ടതെന്ന് പറഞ്ഞത് പക്ഷെ വിദ്വാനെ സംബന്ധിച്ച് അതേ ശ്രുതി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പ്രതിബന്ധ അഭാവം തർച്ച ആർക്ക് വിദ്വാന് അല്ലെങ്കിൽ ആത്മലോകാർത്ഥിനാ മുമുക്ഷൻ ആത്മലോകത്തെ അർത്ഥിപ്പിക്കുന്നവൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ആത്മലോകമല്ല പിന്നെയോ മനുഷ്യലോകം പിതൃലോകം ദേവലോകം വിദ്വാന് അല്ലെങ്കിൽ മുമുക്ഷന് ആത്മലോകം മാത്രമേ ഉള്ളൂ അത് ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കർണങ്ങളൊന്നുമില്ല കടങ്ങളില്ല കടപ്പാടുകളില്ല ശ്രുതി പറയുന്ന കിം പ്രജയാ കഷ്യാമ ഈ പ്രജകളെ കൊണ്ടെന്താണ് ആത്മലോകത്തെ കാക്ഷിക്കുന്നവനീ പ്രജകളെ കൊണ്ടെന്താ നേടാൻ അതുകൊണ്ട് ഗൃഹസ്ഥാസരവും വേണ്ട തഥാസ്മ വൈ തദ്വാംസ ആ കാവശ്യമർ വയം അന്ധീഷ്യാമഹി ഉപനയനം ചെയ്തിട്ട് വേദാധ്യനം ചെയ്തു ആ വേദാധ്യനം നിരന്തരം ചെയ്തുകൊണ്ടേയി അത് നിത്യകർമ്മത്തിൽപ്പെടുന്ന ഇതെന്തിനു ചെയ്യണം പറയുന്നു വിദ്വാൻസിയാകർ വിദ്വാൻമാരായ ഏഷിമാർ പറയുന്നു ഇതിന്റെ ആവശ്യമെന്താണ് ഈ വേദാധ്യനം മരണം വരെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരനുഷ്ഠാനങ്ങളും ഒരു വ്രതങ്ങളും വിദ്വാനെ സംബന്ധിച്ച് മരണം വരെ അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല യാവജീവം മരണപര്യന്തം ചെയ്യേണ്ട കാര്യമില്ല എല്ലാ അനുഷ്ഠാനങ്ങളും വിദ്യ പ്രാപ്തി വരുന്നു വിദ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്നും ചിന്ത തന്നെ അപ്പോൾ പ്രജയെ അവിടെ നിഷേധിച്ചു അപ്പോൾ എന്താണ് പറഞ്ഞു പിതൃലോക പിതൃകീർണം അതിനുവേണ്ടി പ്രജ വേണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിച്ചു അതിൻ്റെ ആവശ്യമില്ല അടുത്ത വേദാധ്യയനം അതും ആവശ്യമില്ല നിരന്തരം വേദം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഋഷിമാരോടുള്ള അതവിടെ തീർന്നു പിന്നെ ഏതത്മവൈ തത്പൂർവേ വിദ്വാംസു അഗ്നിഹോത്രം എന്ന ജുഹാൻ ചക്ര ദേവന്മാരോടുള്ളണം അതും തീർന്നു എന്താണോ പറയുന്നു മുമ്പ് വിദ്വാൻമാരെ വേദത്തിൽ തന്നെ പറയുന്നു വിദ്വാൻമാർ ആത്മ ജ്ഞാനമുള്ളവർ അഗ്നിഹോത്ര എന്ന ചുഹുവാഞ്ചക്രൂർ അവർ അഗ്നിഹോത്രം അനുഷ്ഠിച്ചിരുന്നില്ല അവിദ്വാൻമാരാണ് അഗ്നിഹോത്രം അനുഷ്ഠിച്ചിരുന്നത് അതുകൊണ്ട് ദേവലോകത്തിനുവേണ്ടി കർമ്മവും ആവശ്യമില്ല ഇതിജർ കോശിതാം എന്നും വേദത്തിൽ പറയുന്നുണ്ട് കോഷിതബ്രാഹ്മണത്തിൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് വേദഭാഗത്തിൽ അതുകൊണ്ട് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ കൂടി ജനിക്കുന്നു അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം അതുകൊണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥയും എല്ലാം കഴിഞ്ഞതിന് ശേഷമേ പരിഭ്രജനം പാടുള്ളൂ എന്ന് പറയുന്നത് അസംബന്ധമാണോ അതിന് വേദം പ്രമാണമല്ല കർമ്മങ്ങളെല്ലാം വിധിവ നിർവഹിക്കാതെ മുമ്പ് വന്നത് എണ്ണത്തെ പരിഹരിക്കാതെ കർമ്മങ്ങൾ വിധിവസെയ്യാതെ ഒരുവൻ പരിഭ്രജനത്തെ സ്വീകരിച്ചാൽ അത് അധപ്പതിക്കുമെന്ന് പറയുന്നതോ അത് അജ്ഞനുദ്ദേശിച്ചു പറയും അജ്ഞൻ കേവലം അജ്ഞനായ ഒരുവൻ അവൻ മുമ്പുഷുമല്ല വിദ്വാനും അല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു അവന് രാഗാദിദോഷങ്ങളുള്ളവൻ രാഗാതിരോഗങ്ങളുള്ളവൻ രാഗാദിദോഷങ്ങളുള്ളവൻ അവനെ സംബന്ധിച്ചിടത്തോളം പറയും അവൻ സന്യസിക്കാൻ പാടില്ല പരിപ്രയാനവന് സാധ്യമാകില്ല അതെന്ന് ശരി മൂമുക്ഷവും വിദ്വാനുമാണെങ്കിലും അവഷേധിക്കുന്നുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് കളവ് പഞ്ചവിപർജയം പരിതാലത്ത് സന്യാസം പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ട് രാഗാദി ദോഷങ്ങളുള്ളവരെ സംബന്ധിച്ച് അത് പാടില്ല എന്നാണ് നിഷേധിച്ചിരിക്കുന്നത് എന്നത് ആ വിദുഷർ ഹി എന്ന പാരിഭ്രാജ്യ അനൂപത്തിരിപ്പിച്ച് പറയുന്നു വിദ്വാനല്ല ഒരുവൻ അവൻ എണ്ണത്തെ പരിഹരിക്കുന്നില്ല അപ്പൊ ഞാനിയല്ല അവൻ എണ്ണത്തെ പരിഹരിക്കുന്നതും അവൻ എങ്ങനെ പരിഭ്രാജ്യം സംഭവിക്കും അവന് വിശദീകരിക്കണമെന്നുള്ള അവൻ അജ്ഞനാണ് അവൻ പരിഹരിച്ചില്ല പിന്നെ അവന് പരിഭ്രാജ്യം അതെങ്ങനെ സംഭവിക്കും പറയുന്നു അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല അത് ശരിയല്ല അതിലൊരു അനുഭവത്തില്ല എന്തുകൊണ്ട് അസംഭവ അധികാര അനാരൂഢോപിർണീച്ച് അനിഷ്ടം പ്രസിദ്ധിയത് ആദ്യം ഉപന ഉപനയനം ചെയ്യുന്നതിനോ ഉള്ള ഒരു റെണ്ണം എന്താണോ ഋഷിമാരോടുള്ള അത് വേദാധ്യനം കൊണ്ട് അത് പരിഹരിക്കും ബ്രഹ്മചാരി ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു എണ്ണമേ ഉള്ളൂ എന്താണ് ഋഷി എണ്ണം അത് വേദാധ്യനം ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കും വേറെ എണ്ണങ്ങളൊന്നുമില്ല പിന്നെ ഗൃഹസ്ഥനാണ് ബാക്കി രണ്ട് എണ്ണങ്ങളുള്ളത് അതാണ് ദേവ എണ്ണവും ചിത്ര എണ്ണവും അത് ബ്രഹ്മചാരിക്ക അത് ഗൃഹസ്ഥ ധർമ്മം ആണ് ഇതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് പ്രജ ഉത്പാദിപ്പിക്കുക വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ് അതുകൊണ്ട് ഗൃഹസ്ഥനിൽ മാത്രമേ ആ രണ്ടു എണ്ണങ്ങളുമുള്ളൂ ദേവയിരണവും പിതൃകരണവും ബ്രഹ്മചാരിക്ക് ഉള്ളത് ഋഷീകരണം മാത്രം കാരണം അയാൾ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രാഗ് ഗർഹസ്ഥാത ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പ് പ്രതിപത്തേഹി അസ്വീകരിക്കുന്നതിന് മുമ്പ് എണ്ണിത്വ അസംഭവാടെ എണ്ണിത്വമില്ല എണ്ണിത്വമില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു വാസ്തവത്തിൽ അവിടെ ഉപനയനം ചെയ്യുമ്പോൾ ഉപനയനം ചെയ്യുന്നതുവരെ ഒരു എണ്ണവുമില്ല ജായമാനോ വൈ ബ്രാഹ്മണത്രിഭർണ്ണവാൻ ബ്രാഹ്മണൻ മൂന്നെണ്ണത്തോടുകൂടി ജനിക്കുന്നു എന്ന് പറയുന്നത് ബ്രഹ്മചര്യാദി ഉപനയനം തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയുന്നത് ജനിക്കുമ്പോൾ ഉണ്ടെന്നുള്ളതല്ല ജനിക്കുമ്പോൾ യാതൊരു എണ്ണവുമില്ല ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെ വേദാധീനം കർത്തവ്യമല്ല ദൃഹസ്ഥ ധർമ്മം കർത്തവ്യമല്ല കാരണം ശിശുവാണ് അവിടെ എന്താ ഇരണം അവിടെ എണ്ണമില്ല അവിടെ ഒരു തരത്തിലുള്ള കർത്തവ്യ ബോധവുമില്ല അതുകൊണ്ട് തന്നെ ഉപനയനം ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കർത്തവ്യമായി വരുന്നു വേദാധ്യയനം അപ്പ എണ്ണം വന്നു വേദാധ്യയനത്തിലൂടെ അത് പരിഹരിക്കണം ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കുമ്പോഴോ കർമ്മവും പരജയവും ആവശ്യമാണ് അതെല്ലാം കർത്തവ്യമായി വന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു പ്രാഗ് ഗർഹസ്യപ്രതിപത്തി ആ ഗൃഹസ്ഥാശ്രമധർമ്മ സ്വീകരിക്കുന്നതിന് മുമ്പ് എരണിത്വസംഭവ എണിത്വമില്ല ബ്രഹ്മചാരിക്ക് എണ്ണമില്ല അപ്പോൾ ബ്രഹ്മചാരിക്ക് ഉള്ള ഒരേ ഒരു എണ്ണം എന്താണ് ഋഷി എണ്ണമാണ് അത് അത് ഋഷിയോടുള്ള എണ്ണമെന്ന് വെച്ചാൽ വേദത്തോടുള്ള എണ്ണമാണ് ശരിക്കും ആ വേദത്തിനോടുള്ള എണ്ണം പരിഹരിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ വേദാധ്യയനം ചെയ്യുന്നത് വേദത്തോടുള്ള എണ്ണം അവിടെ പരിഹരിച്ചത് ആർഷമായ എണ്ണം അപ്പൊ ഇന്ന് ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പ് സ്ഥിതി ചെയ്യുന്നവന് ഒരു എണ്ണവുമില്ല അപ്പോൾ ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം എണ്ണങ്ങളെ പരിഹരിച്ചിട്ട് പരിഹരിക്കേണ്ട ആവശ്യമേ അസംഭവ എന്തുകൊണ്ട് അധികാര അനാരൂഢവും അവൻ ആ അധികാരത്തിലേക്ക് ആരൂഢം ചെയ്തിട്ട് അധികാരമെന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമം അതിലേക്ക് അനാരൂഢനാണ് അതിൽ പ്രവേശിച്ചിട്ടില്ല ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലാണ് എണ്ണവും മറ്റും വരുന്നത് അവിടെയാണ് ധർമ്മം വരുന്നത് കർത്തവ്യം വരുന്നത് അതൊന്നും വന്നിട്ടില്ല ഇപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാവാത്തവനും അധികാരത്തിലേക്ക് ആരൂഢനാകാത്തവനും ഇരണിയാണെന്ന് വന്നു കഴിഞ്ഞാൽ സർവസ്യണിത്വം ഇത്യാൻ ഇഷ്ടം പ്രസിദ്ധ ചെയ്തത് അപ്പം മീമാംസരവരാണ് അങ്ങനെയാണെങ്കിൽ സർവർക്കും ഇരണിത്വം വരും ആർക്കാണോ വേദാധ്യനത്തിന് അധികാരമില്ലാത്തത് ആർക്കാണോ ധർമ്മത്തെക്കുറിച്ച് ബോധമില്ലാത്തവർ ധർമ്മ അനുഷ്ഠിക്കാത്തവർ സർവ്വരും എറണികളാണെന്ന് പറയും അത് മീമാൻസകരുടെ സ്വീകാര്യമുണ്ട് ഇതെല്ലാം മൈദികരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയാണ് സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് പറയുക ഇപ്പൊ സർവേറും അംഗീകരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് സർവർക്കും ക്രിഷീരണം വേദത്തോടുള്ളന്ന് കഴിഞ്ഞാൽ സർവ്വർക്കും വേദാധ്യനം ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് വരും അതൊന്നും മീമാംസകർ അംഗീകരിക്കത്തില്ല നമ്മുടെ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യർക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നും വേദാധ്യനത്തിൻ്റെ അധികാരം അംഗീകരിക്കുന്നില്ല അപ്പോൾ അവരുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ അതിൽ ദോഷം വരും അനിഷ്ടം സർവർമാര എഴുതിത്വം സർവർക്കുണ്ടെന്ന് പറഞ്ഞാൽ സർവർക്കും വേദാധ്യനം അത് സർവർക്കും വൈദിക കർമാനുഷ്ഠാനം യാഗാദികളെല്ലാം എല്ലാവരും അനുഷ്ഠിക്കാം എന്നെല്ലാം വരു ഇതെല്ലാം മീമാംസയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് അവർക്ക് തന്നെ അനിഷ്ടം വരും അതുകൊണ്ട് അദ്വൈതി പറയുന്നത് എന്താണോ ബ്രഹ്മചാരിക്ക് എണ്ണത്വമില്ല ബ്രഹ്മചാരി എണ്ണത്തെ പരിഹരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല വേദാധ്യനം ഒഴികെ അത് ഉപനയനത്തോടുകൂടി സംഭവിക്കുന്നതാണ് കാരണം ഉപനയനം ചെയ്യുന്നത് വേദാധ്യനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപനയനാനന്തരം വേദാധീനം ആവശ്യപ്രാപ്തമാണ് അപ്പോൾ അത് പരിഹരിച്ചു കഴിഞ്ഞു അപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കും അപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുന്നവന് കിരണങ്ങളൊന്നുമില്ല പക്ഷെ ഗാർഹസ്യത്തിൽ നിന്ന് സന്യസിക്കുകയാണെങ്കിൽ അവിടെ അജ്ഞന് ഗൃഹസ്ഥനായിരിക്കുന്ന അജ്ഞന് എന്താണ് ഗ്രഹസ്ഥന അജ്ഞനാണെങ്കിൽ അവനീ പരിഹരിക്കാം അല്ല അവൻ ജ്ഞാനീമാണെങ്കിലോ പ്രതിപന്ന ഗാർഹസ്ഥ്യാവി ഇനി ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗൃഹാദ് പ്രഭൃജി യജീവ ഇതരഥ ബ്രഹ്മചര്യ ദേവ പ്രഭൃജി ഗൃഹാദ്വാനാദ്വാ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നേരെ വാനപ്രസ്ഥത്തിലേക്ക് പോവാം ജാവാ അങ്ങനെ വാനപ്രസ്ഥം പിന്നെ സന്യാസം പരിപ്രജനം യഥിവരഥ മറിച്ചാണെങ്കിലോ ബ്രഹ്മചര്യദേവ അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല റെണം അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ബ്രഹ്മചര്യാവ പ്രവ്രജ് അവിടെ നിന്ന് തന്നെ സന്യസിക്കാം ഗൃഹാദ്വാ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാകാം അല്ലെങ്കിൽ വനാദ്വാ വനത്തിൽ നിന്ന് എവിടെ നിന്നാലും ശരി പ്രവചനം ആകാം അത് ശ്രുതി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യോഗ്യത എന്താണ് ഒന്നുകിൽ അവൻ മമൂക്ഷായിരിക്കണം അല്ലെങ്കിൽ അവൻ ജ്ഞാനിയായിരിക്കണം മുമങ്കിൽ അത് വിവിധ സന്യാസം ജ്ഞാനിയാണെങ്കിൽ വിവിധ സന്യാസം അതെവിടെയുമാകാം എന്നാണ് മിക്ക ആത്മദർശന ഉപായ സാധനത്തിനുഷ്യത ഇവ പാരിഭ്രാജ്യം അതുകൊണ്ട് പക്ഷികാരൻ പറയുന്നു ആത്മദർശന ഉപായ സാധനത്തിന് എന്തിനുവേണ്ടിയാണ് പാരിപ്രാജ്യം ഭാഷത്തിനുള്ള ഉപായം ശ്രവണമനനാദിയും അതിന്റെ അനുഷ്ഠാനം അതാണ് ആത്മദർശന ഉപായ സാധനം അതിനുവേണ്ടി ആത്മദർശനീയ ഉപായഹ ശ്രവണായ ആത്മദർശനത്തിന് എന്നിട്ട് ആത്മജ്ഞാനം അതിനുപായമായിരിക്കുന്ന എന്താണ് ശ്രവണാദികൾ ആ ശ്രവണാദി അതിന്റെ സാധനം തസ്സാധനം അതിന്റെ അനുഷ്ഠാനം അതിന്റെ അനുഷ്ഠാനത്തിന് വേണ്ടിയാണ് പരിപ്രജനം ആരെ സംബന്ധിച്ച് െ സംബന്ധിച്ച് വിദ്വാനെ സംബന്ധിച്ച് പരിപ്രജനം എന്ന് പറയുന്നത് ആ മുക്തി ആ പരിവ്രജനം മുക്തി വിശേഷിച്ച് അതിന് ആ പറഞ്ഞുണ്ടോ എന്തിനു വേണ്ടി പരിഭ്രചനം അർത്ഥസിദ്ധമാണോ പരിഗ്രഹമില്ല അർത്ഥപരിഗ്രഹം എന്താ ശരീരം നിലനിൽക്കണം അതുകൊണ്ട് പരിപ്രജനം അതിന് വേറെ ഫലമൊന്നുമില്ല മമുക്ഷുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആത്മദർശനത്തിന് ഉള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കണം ശ്രവണാദികൾ സന്യസി ശ്രവണം കുര്യാ പറഞ്ഞിരിക്കുന്നു സന്യസിച്ചിട്ട് ശ്രവണാദി സാധനങ്ങൾ മുഴുകണം അതാണ് ഞാൻ പറയുന്നത് ഭാഷകാരം പറഞ്ഞിരിക്കുന്ന സന്യാസമല്ല നമ്മുടെ ഇന്നത്തെ സന്യാസം ഇന്ന് സന്യസിക്കുന്നത് ശ്രവണാദികൾക്ക് വേണ്ടിയല്ല അത് സന്യസിക്കുന്നത് ശ്രവണാദി സാധനങ്ങൾക്ക് വേണ്ടിയല്ല സന്യാസം അതിനുവേണ്ടിയാണെന്നുള്ളതുപോലും അറിയത്തില്ല സന്യാസിക്കുന്നവർക്ക് എന്തിനു വേണ്ടി സന്യാസം ശ്രവണാദി സാധനങ്ങൾക്ക് വേണ്ടിയാണോ അറിയത്തില്ല അതും അറിയാത്തവരാണ് സന്യാസി സന്യാസം സ്വീകരിക്കുന്നത് അതിൽ പരിപ്രചന സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു പരിപ്രചനം എന്നാലും സ്വീകരിക്കുന്നില്ല എന്നാലും സന്യാസം എന്നുള്ള പേരിൽ സന്യാസ ദീക്ഷ ഒക്കെ സ്വീകരിക്കുകയും കഷായം വസ്ത്രമൊക്കെ ഒക്കെ ചെയ്യുന്നവരും ഈ ഇത് ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിനു വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് വേറെ വേണ്ടിയിട്ടല്ല എന്നറിഞ്ഞുകൊണ്ടല്ലോ അത് ചെയ്യുന്നത് ഭാഷകാരൻ പറയുന്ന അതിനു വേണ്ടിട്ടാണ് ഇതൊന്നാണ് യാവ്ജീവാദിശ്രുതി നാം അവിദ്വഅമുക്ഷിഷയെ കൃതാർത്ഥത യാവ്ജീവം കർമ്മങ്ങൾ ചെയ്യണം സന്യസിക്കണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നെല്ലാം പറയുന്നത് അവിദ്വാൻ അമമുക്ഷു വിദ്വാനും അവരെ സംബന്ധിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നർക്കും അപ്പൊ വിദ്വാൻ അല്ലെങ്കിൽ മുമക്ഷു അവർക്കാണ് പരിഭ്രജനം അവിദ്വാൻ അമുക്ഷു അല്ലെങ്കിൽ അവന് കർമ്മം അതാണ് ശങ്കരാചാര്യരുടെ നിലപാട് രാത്രി അഗ്നിഹോത്രം ഭൂത്വ തഥവൂർധം പരിത്യാഗ ശ്രീയത ഛാന്ത്വ്യത്തിൽ തന്നെ എന്താണ് ദ്വാദശരാത്രം അഗ്നിഹോത്രം ചെയ്തിട്ട് അതിന് ശേഷം എന്താണ് സർവകർമ്മത്തെയും തിരികുന്ന സന്യാസത്തെ കുറിച്ച് പറയും എന്നുവെച്ചാൽ അതൊരു വിധിയായി പറയും കർമ്മം നേരത്തെ എന്താണ് നേരത്തെ പറഞ്ഞ പുറവക്ഷത്തിന് സമാനം പറയുകയാണ് ജിജി വിഷേ കുറവൻ ആയുഷ്കാലം മുഴുവൻ കർമ്മം ചെയ്ത് തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് പറയുന്നു ചാന്തൂഗിയത്തിൽ ദ്വാദശരാത്ര അഗ്നിഹോത്രം അനുഷ്ഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പരിത്യാഗം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കുറവൻ നേമേഹ കർമാണി എന്ന് പറഞ്ഞത് സർവത്ര പറയുകയല്ല അതിന് ചില നിയമങ്ങളും പറയുന്നുണ്ട് ഇത്ര ദിവസം ചെയ്തിട്ട് എന്താണോ അതാണ് സാധാരണ സന്യാസി സ്വീകരിക്കുമ്പോഴത്തേക്ക് ഹോമം എല്ലാം വിരജാ ഹോമം അത് നടത്തിയിട്ട് പിന്നെ സന്യാസി സ്വീകരിക്കും അതോടുകൂടി കർമ്മത്തെ അതുവരെ അഗ്നിഹോത്രം നിത്യാഗ്നിഹോത്രം നടത്തിക്കൊണ്ടിരുന്നു ആഗ്നിഹോത്രം അതിന്റെ മന്ത്രങ്ങളെല്ലാം മാറ്റി അത് താൻ സ്വയം പാപത്തിൽ നിന്ന് വിരജൻ രജസ്വരാഗാതി ദോഷങ്ങൾ മാറി പാപത്തിൽ നിന്ന് മുക്തനാകട്ടെ എന്നുള്ള സങ്കല്പത്തോടുകൂടി ഹവനം ചെയ്യും അതാണ് വിരജാ ഹോമം എന്ന് പറയുന്നത് അത് ചെയ്തിട്ട് അതിന് പ്രമാണം ഇതാണ് അഗ്നിഹോത്രം ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടത് വൈദികമായ രീതി പിന്നീട് സ്മാർത്ഥമായ രീതിയാണ് വിരജാ ഹോമവും മറ്റും ആ സങ്കല്പത്തിൽ അവിടെ സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ കർമ്മം സന്യാസത്തെ സ്വീകരിക്കും എത്തു അനധികൃതാനം പാരിപ്രാജ്യം ഇതി അനധികാരികൾക്ക് പരിപ്രാജ്യം കൊണ്ട് നേരത്തെ പറഞ്ഞു ഇതാർക്കാണ് പരി അജ്ഞൻ അജ്ഞനില്ല അധികാരികളല്ലാത്തവർക്കും പരിപാടനം വിധിച്ചിട്ടില്ല എന്നുവെച്ചാൽ അധികാരികൾ എന്ന് വെച്ചാൽ കർമ്മത്തിനധികാരി അല്ലാത്തവർ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മത്തിന് അധികാരിയല്ലാത്തവൻ അവന് പരിപ്രാജ്യം വിധിച്ചിട്ടില്ല ർ തന്നേശാം ഉസന്നാഗ്നി അനഗ്ഗ വിദ്യാദി ശ്രവണ സർവസ്മൃതിഷിജ അവിശേഷണ ആശ്രമ വികല്പക പ്രസിദ്ധ സമുച്ചയച്ച ഈ ആശ്രമങ്ങളൊന്നും പെടാത്തവരാണ് പറയുന്നത് ഇവിടെ പറയുന്ന ഉസ്സന്നാഗ്നി നഷ്ടാഗ്നി അനഗ്നി ആ പരിഗ്രഹീതാഗ്നി ഇവരെയൊന്നും ഇവിടെ കണക്കിലെടുത്തിട്ടില്ല എന്നർത്ഥം മുസന്നാഗ്നിന്ന് വെച്ചാ ധർമ്മത്തെ അനുഷ്ഠിക്കാത്തവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഗ്നിയെ തേജിച്ചവൻ അഗ്നിക്ക് ഭാര്യ എന്നുള്ള അർത്ഥമുണ്ട് കാരണം അത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നഷ്ടാഗ്നി ഭാര്യ മരിച്ചവൻ കർമ്മം കർമ്മങ്ങളെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചവൻ ഇടയ്ക്ക് വെച്ച് എന്നുവെച്ചാ അജ്ഞൻ അജ്ഞന്റെ കാര്യം പറയുന്നത് അനഗ്നി അഗ്നി സ്വീകരിച്ച അപരിഗ്രഹ അഗ്നി അഗ്നിയെ പരിഹരിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിലും അത് സ്വീകരിക്കാത്തവൻ വൈദികമായ ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാത്തവൻ ഇവിടെ പറയുന്നുണ്ട് എന്താണ് വേദാധ്യനം ചെയ്യുന്നവന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ അത് പറയുന്നു വേദാധ്യനം ചെയ്യാത്തവന് സന്യാസത്തിന് അധികാരമില്ല അപ്പോൾ വേദാധ്യയനം ചെയ്യുന്നവൻ ബ്രഹ്മചാരി ഇപ്പം അവനെ സന്യാസിക്കണം അല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ഗാർഹസ്ഥിതി പ്രവേശിക്കും ആ ഗാർഹസ്ഥിതി പ്രവേശിക്കാത്തവരാണ് ഈ പറയുന്നവരല്ല പ്രവേശിച്ച് അതിന്റെ ധർമ്മം നിർവഹിക്കാത്തവനോ പ്രവേശിക്കാത്തവനോ അതാണ് ഉത്സന്നാഗ്നി നഷ്ടാഗ്നി അനഗ്നി അപരിഗ്രഹാഗ്നി ഇങ്ങനെയെല്ലാം പറയുന്നത് അവരെ നമ്മുടെ സന്യാസത്തിന് യോഗ്യരായി പരിഗണിക്കുന്നില്ല അപ്പോൾ ഇതിന് ശൂദ്രന്മാരും മറ്റും വരും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത അവർക്ക് സന്യാസത്തിന് അധികാരമില്ല സർവസ്മൃതി അവിശേഷൽപോ പ്രസിദ്ധ സമസ്തീ സർവസ്മൃതികളിലും ആശ്രമവികല്പ അല്ലെങ്കിൽ സമുച്ചയം വികല്പ എങ്ങനെയാണ് ബ്രഹ്മചാരി ഗൃഹസ്ഥോവ വാനപ്രസ്തവ അതഭിക്ഷുത പരിഭ്രജനത്തെക്കുറിച്ച് പറയുന്നു ബ്രഹ്മചാരി അല്ലെങ്കിൽ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ വാനപ്രസ്ഥൻ അല്ലെങ്കിൽ ഭിക്ഷുഖൻ എന്ന് പറയുന്നു ഭിക്ഷുകനെന്ന് പറയുന്നത് സന്യാസത്തിൽ തന്നെ പല ഭേദങ്ങളും പറയുന്നുണ്ട് ഭിക്ഷുഖൻ സ്വന്തം ഗ്രഹം ഉപേക്ഷിച്ചു ഭാര്യ ഉപേക്ഷിച്ചെങ്കിലും നിശ്ചിതമായ ചില കർമ്മങ്ങൾ വൈദികമായ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കഴിയുന്നവനാണ് ഭിക്ഷു അത് പഴയകാലത്തെ രീതി പറയുകയാണ് പരമം സ്ഥാനം ഉത്തമാമൃത്തി ആശ്രയി ഇതിലാരായാലും ശരി ഇതാണ് ആശ്രമവികല്പം എന്നുവെച്ചാൽ ഈ നിലയിൽ ഏതിൽ നിന്നായാലും ശരി ബ്രഹ്മചര്യത്തിൽ നിന്നോ ഗൃഹസ്ഥനില് നിന്നോ വാനപ്രസ്ഥനില് നിന്നോ അല്ലെങ്കിൽ ഭിക്ഷു ഏതിൽ നിന്നായാലും ശരി പരമമായ സ്ഥാനത്തെ ഉത്തമമായ വൃത്തിയെ സ്വീകരിക്കണം പരമമായ സ്ഥാനം അതിനെ പ്രാപിക്കുന്നതിന് ഉത്തമമായ വൃത്തി സന്യാസം പരിഭ്രജനം സ്വീകരിക്കണം എന്നറു സന്യാസിമാരെത്തുന്ന പലതരത്തിലുള്ള ഭേദങ്ങൾ കുടീജകൻ ബഹുദഗൻ ഹംസൻ പരമഹംസൻ ഇതിനൊക്കെ പലതരത്തിലുള്ള ഭേദങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് പരിഭ്രജനത്തെക്കുറിച്ചാണ് പരമഹംസ പരിഭ്രജനത്തെക്കുറിച്ച് അതിന് മുമ്പ് ഏതെങ്കിലും നേരമുള്ള ഭക്ഷ്യക്കളുണ്ടെങ്കിൽ അവർ അതിനെ ഉപേക്ഷിച്ച് പരമഹംസ പരിഭ്രജനത്തെ സ്വീകരിക്കണം ഇവിടെ പറയുന്നെന്താണ് ഇതിലേതെങ്കിലും ഒന്ന് അടുത്ത് എന്താണ് പറയുന്നത് അധീത്യവിധിവേദാൻ വേദം വിധി പ്രകാരം അധ്യയനം ചെയ്യുക പുത്രാൻ ഉത്പാദ്യ സന്താനങ്ങളെ വിധിപ്രകാരം സൃഷ്ടിച്ച് നിഷ്ഠാജക്തിത്വ യജ്ഞ ശക്തിക്കനുസരിച്ച് യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിച്ച് നിഷ്കാമമായി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് മനോ മോക്ഷം നിവേശിച്ച് അവസാനം പരമ്പ്രചനത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കുക ഇതെന്താണ് സമുച്ചയം ഇവിടെ എന്താണ് എല്ലാം കടന്നു പോകുന്നു ഓരോന്നോരോന്നായി കടന്നു പോകുന്നു മുമ്പാണെങ്കിലോ ഏതൊന്നും ആകാം ഇതിനെന്താ അധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു ശമതമാതി സാധനങ്ങൾ ഇവിടെ പ്രാപ്തമാകുന്നു അവിടെ നിന്ന് സ്വീകരിക്കാം സന്യാസം ആകാം എന്നാണ് അത്യാവശ്യം സമുച്ചയച്ച ശ്രദ്ധയോ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഏതെങ്കിലും ഒരു ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു ധർമ്മത്തെ അറിയണമെങ്കിൽ എന്ത് വേണം വേദാധ്യയനം ചെയ്യണം വേദാധ്യയനത്തിൽ നിന്നാണ് ധർമ്മത്തെ അറിയുന്നത് ആത്മാവ് പരമാത്മാവ്ളിയ കാര്യങ്ങളെ കുറിച്ചറിയുന്നത് അപ്പോഴാണ് അവന് മുമോക്ഷത്വം ഉണ്ടാകുന്നത് ആ മോമുക്ഷത്വം കൊണ്ട് അവൻ സന്യസിക്കുന്നു അല്ലെങ്കിൽ അവന് തത്വജ്ഞാനം ഉണ്ടാകുന്നു അവൻ സന്യസിക്കുന്നു ഇതിലൊന്നും പെടാത്തവൻ അനധികാരി എന്ന് പറയുന്ന കൂടെ ആരാണ് വേദാധ്യനം ചെയ്തിട്ടില്ല ധർമ്മമനുഷ്ഠിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചിത്രശുദ്ധിക്കു വേണ്ടി കർമ്മം ചെയ്തിട്ടില്ല അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ അവന് സന്യസിക്കണം അങ്ങനെ വന്നാൽ അവൻ അനധികാരിയാണ് അവനുശൂദൻ ചണ്ടാളൻ എന്നൊക്കെ പറയുന്നു അവൻ ഇതിനൊന്നും അധികാരിയല്ല അവന് രാഗാതി ദോഷങ്ങളുണ്ട് ആ രാഗാതി ദോഷങ്ങളുള്ളവന് സന്യസിച്ചു കഴിഞ്ഞാൽ അവൻ അധപതിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പം അനധികാരി ധർമ്മബോധമില്ലാത്തവൻ അവൻ സന്യസിക്കാൻ പാടില്ല ധർമ്മത്തെ അനുഷ്ഠിക്കാത്തവൻ സന്യസിക്കാൻ പാടില്ല രാഗാതി ദോഷങ്ങളുള്ളവൻ അവൻ അവൻ എങ്ങനെയാണ് സന്യസിക്കുന്നത് കാരണം സന്യാസമെന്ന് പറയുന്നത് കർമ്മത്യാഗമാണ് ഒരു തരത്തിലുള്ള കർമ്മവും വേണ്ട എന്നുള്ള അതുകൊണ്ട് പിന്നെ അധ്വാനിക്കാതെ ഭിക്ഷ കൊണ്ട് ജീവിക്കാം ഇങ്ങനെയൊക്കെയുള്ള താല്പര്യം കൊണ്ടും കാരണം ഭിക്ഷയെടുക്കുന്നതിന് യോഗ്യതയൊന്നും വേണ്ടല്ലോ അജ്ഞന്മാർ ഏതാജ്ഞനും ഭിക്ഷ സ്വീകരിച്ച് ജീവിക്കാം അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു പരിപ്രചനം അതാണ് അനധികാരി പരിപ്രചനം പാടില്ല എന്ന് പറയുന്നത് അത് പരിപ്രജനമാകത്തില്ല അതുകൊണ്ട് അതിനെ നിഷേധിച്ചിരിക്കുന്നു മറിച്ച് അതെല്ലാം ഗുണത്തെ ആശ്രയിച്ചിട്ടാണ് സമുദായത്തെ ആശ്രയിച്ചിട്ടല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ് ഭക്ഷ്യക്കാരോട് പറയുന്നതിന്റെ എല്ലാം താല്പര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും അപ്പം അതിന്റെ ആശയം വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ഇത് രണ്ടുമുണ്ട് വികല്പമുണ്ട് സമുച്ചയം സന്യാസത്തിന് വികല്പു പറഞ്ഞു കഴിഞ്ഞാൽ ഏതാശ്രമത്തിൽ നിന്നും സന്യാസമാകാം സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആശ്രമമായി പൂർത്തിയാക്കിയിട്ട് അവസാനം സന്യസിക്കുക Be silent, be silent. Oh, Mr. Little Hill. Yeah. Yeah.